വിവാഹമോചിതരായ സ്ത്രീകൾ മൂന്ന് ആർത്തവചക്രങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ കാത്തിരിക്കേണ്ടതാണ് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ അല്ലാഹു സൃഷ്ടിച്ചതിനെ അവർ മറച്ചുവെക്കുന്നത് അവർക്കനുവദനീയമല്ല പരിഹാരമാണുദ്ദേശിക്കുന്നതെങ്കിൽ അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ അവകാശമുള്ളത് അവർക്ക് നൽകേണ്ടത് അവർക്ക് നൽകപ്പെട്ടതുപോലെ മാന്യമായ രീതിയിലായിരിക്കണം പുരുഷന്മാർക്ക് അവർക്കുമേൽ ഒരു പദവിയിലുണ്ട് അള്ളാഹു സുബ്ഹാനഹൂവറ്റ ആല പ്രതാപശാലിയും യുക്തിമാനുമാണ്